അദ്ദേഹം പറഞ്ഞു എന്റെ മാതാവിന്റെ പുത്രനെ എൻറെ താടിയിലോ തലയിലോ പിടിക്കരുത് ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നിങ്ങൾ ഭിന്നതയുണ്ടാക്കിയെന്നും എൻറെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നും നിങ്ങൾ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു